ാണ് പ്രപഞ്ചത്തിലേക്കൊരുവൻ ബന്ധിക്കുന്നത് ശ്രവണാദികൾ കൊണ്ടാണ് അതിന് സർവജ്ഞാത്മ മുനി പറയുന്നത് പ്രശസ്തപാദാചാര്യൻ പറയുന്നത് ഒരു രണ്ടുപേരും ശക്തമായി പറയുന്നത് പുരുഷാപരാധം കൊണ്ടാണെന്നാണ് നീ മകനാണ് നീ മകളാണ് നീ അച്ഛനാണ് നീ അമ്മയാണ് നീ ഉദ്യോഗസ്ഥനാണ് അനുദ്യോഗസ്ഥനാണ് നീ കള്ളനാണ് നീ ഇന്നതാണ് ഇങ്ങനെ നിരന്തരം ശ്രവണം ചെയ്യുക വല്ലപ്പോഴും പല സത്സംഗത്തിലും മാത്രമാണ് ആയിരം വാക്കിനിടയിൽ ഒരു പ്രാവശ്യം നീ ആത്മാവാണെന്ന് കേൾക്കുന്നത് അതും ഒരായിരം വാക്ക് അനാത്മാവാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അതിന്റെ ഇടയിൽ ഒരു വാക്കാണ് ആകെ ആത്മാവാണെന്ന് ബോധ്യപ്പെടുത്താനുള്ളത് ആ ശ്രവണം കൊണ്ടൊന്നും ആവില്ല പുരുഷാപരാധരൂപമായിരിക്കുന്ന ശ്രവണം നിത്യനിരന്തരമാണ് അതില്ലാതാകണമെങ്കിൽ തത് സംസ്കാരം ഉണ്ടാകണം അതുണ്ടാകുമ്പോൾ ഉണരും ഉണർന്ന അളവിൽ ജ്ഞാനോദയത്തിൽ ദൃശ്യവ്യവഹാരം സ്വപ്നമാവും ഉണർന്നവൻ ജീവാത്മബോധം വെടിഞ്ഞ് ആത്മൈക്യം സാധിക്കുകയും ചെയ്യും ഇതാണ് ഗുരുദേവൻ ഒന്നാം പദ്ധതി പറഞ്ഞത് രണ്ട് നമുക്ക് നോർക്കാനാണ് ഞാൻ അവന്ന് സംക്ഷിപ്തമാക്കി ഉച്ചകഴിഞ്ഞ് സ്വരൂപിച്ചത് രണ്ടാം നേരല്ല ദൃശ്യമിത് ദ്രീക്കി നോക്കിൽ നേരല്ല ദൃശ്യമിത് ദ്രീക്കി നോക്കിൽ വേറെല്ല വിശ്വമറിവം മരുതിൽ പ്രവാഹം കാര്യത്തിൽ നിൽപ്പതിഹ കാരണസത്തയന്യേ വേറെ ദൃശ്യം ഈ പ്രപഞ്ചം കാണുന്നതെല്ലാം ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളായി അനുഭവിക്കുന്ന വിഷയങ്ങളെല്ലാം നേരല്ല പരമാർത്ഥത്തിലുള്ളതല്ല എപ്പോൾ ദൃക്കിനെ നീക്കി നോക്കിൽ ദൃശ്യത്തിൽ നിന്ന് ദൃക്കിനെ മാറ്റിയാൽ ദൃശ്യമില്ല പൂർണ്ണമായ ദൃക്കിൽ പൂർണ്ണമായ ദൃശ്യം ആ പൂർണമായ ദൃശ്യം പൂർണമായ ദൃക്കിൽ നിന്ന് കുറച്ചാൽ പൂർണമായ ദൃക്ക് എന്നാൽ ദൃക്കിനെ മാറ്റിയാൽ അന്വയ വ്യതിരേകരീത്തിയാക്കിനെ മാറ്റിയാൽ അതാണ് പ്രക്രിയ വേദാന്തത്തില് ദൃശ്യം പിന്നെയില്ല യജുർവേദ അന്തർഗതങ്ങളായ ഉപനിഷത്തുകളിൽ കാണുന്ന കൃഷ്ണ യജുർവേദ അന്തർഗതങ്ങളായ ഉപനിഷത്തുകളിൽ കാണുന്ന പൂർണ്ണത്തിന്റെ തോന്നൽ വേറൊരു തരത്തിൽ ജനിപ്പിക്കുക ഇവിടെ ദൃശ്യത്തിൽ നിന്ന് ദൃക്കിനെ മാറ്റി അപകൃിക്കുകയാണ് ദൃശ്യമില്ലാതാവും പൂർണ്ണമായ ദൃക്കും പൂർണമായ ദൃശ്യവുമുള്ളതിൽ ദൃശ്യത്തെ മാറ്റുകയാണ് പൂർണം തന്നെ അവശേഷിക്കും തമ്മിലുള്ള വ്യത്യാസം ആ ദ്രക്കിനെ നീക്കി നോക്കുകയാണെങ്കിൽ ദ്രിക്കിനെ ദൃശ്യത്തിൽ നിന്ന് വേർപെടുത്തിക്കണ്ടാൽ വിശ്വം വേറല്ല ദൃക്ക് തന്നെയാണ് പിന്നെ ദൃശ്യമില്ല ദൃക്കു മാത്രമേ പൂർണ്ണമായ ദൃക്കിൽ നിന്ന് പൂർണമായ ദൃശ്യം മാറ്റി ദൃക്കുമാത്രം ബാക്കി ഈ സത്യത്തെയും ചൂണ്ടിക്കാണിച്ചിട്ട് എങ്ങനെയാണ് ഒരു ദൃഷ്ടാന്തം പറയുക അറിവാൽ അറിവാകുന്ന മരുഭൂമിയിൽ കാണപ്പെടുന്ന പ്രവാഹം മരീചിക മരുമരീചിക എന്ന പോലെ തോന്നും വിശ്വം പിന്നെ കാണുന്നത് മരീചിക പോലാണ് മൂന്ന് പ്രകൃഷ്ടങ്ങളായ ഉപമകളാണ് വേദാന്ത പ്രക്രിയയിൽ ശങ്കരന് ഉപയോഗിച്ചത് ഒന്ന് രജുവിൽ കാണപ്പെടുന്ന സർപ്പം രണ്ട് മരുമരീക്ഷിക മൂന്ന് മുത്തുച്ചിപ്പിയിൽ കാണുന്ന രചന ആദ്യം മങ്ങിയ വെളിച്ചത്തില് സർപ്പഭയമുണ്ടാകുന്നു വെളിച്ചം വരുമ്പോൾ കയറാകുന്നു അത് മങ്ങിയ വെളിച്ചത്തിലല്ലേ എന്നത് മാറ്റാൻ ഭൗതിക പ്രകാശത്തിലെ നട്ടുച്ചയ്ക്ക് സൂര്യൻ ജ്വലിച്ചു നിൽക്കുമ്പോൾ മുത്തുച്ചിപ്പിയിൽ രജതം കാണുന്നു തീരത്ത് കിടക്കുന്ന വെള്ളിയെടുക്കാൻ ഓടിച്ചെല്ലുമ്പോൾ അത് മുത്തുചുറ്റിയാണെന്നറിഞ്ഞ് ഉപേക്ഷിക്കുന്നു അതുപോലെയാണ് ഈ പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് താൽക്കാലികമായി തോന്നിയാലും പിന്നെയുമുണ്ടല്ലോ അതിനുള്ള ഉദാഹരണമാണ് മരുമരീചിക മരുമനീഷിക കണ്ടു ഭ്രമിച്ചതിനെ അപഗ്രഹിക്കാവുന്ന സ്ഥലത്തെത്തിയാൽ വെള്ളമില്ല വീണ്ടും പഴയ സ്ഥാനത്ത് വന്നു നോക്കിയാൽ കാണാം സമാധിയിലില്ലാതാകുന്നതും വ്യുത്ഥാന ദശയിൽ കാണപ്പെടുന്നതുമാണ് പ്രപഞ്ചം സമാധിയിൽ നിന്നുണർന്നാൽ വീണ്ടും പ്രപഞ്ചമുണ്ട് അങ്ങനൊരു സാധ്യതയും കൂടെ ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിത്യയ്ക്കുള്ള വ്യാപ്തി അതുകൂടിയാണ് മരുഭൂമിയിൽ കാണപ്പെടുന്ന പ്രവാഹം പോലെ മിഥ്യയാകും ഈ വിശ്വം ഇഹ ഇവിടെ അനുഭവതലത്തിൽ കാര്യത്തിൽ നിൽപ്പത് എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു കാണുന്നത് കാരണസത്തയെന്നെയേ കാരണസത്തയല്ലാതെ വേറല്ല മറ്റൊന്നുമല്ല കാര്യത്തിലെല്ലാം കാരണമിരിക്കുന്നു ീചിയിലിരുപ്പത് വാരിയത്ര വീചിയിൽ കാണുന്നത് തിരമാലയിൽ കാണുന്നത് ജലം തന്നെയാണ് എന്ന് പറയുകയാണ് തരംഗവും തരംഗിയും ഒന്നു തന്നെയാണ് ദൃശ്യപ്രപഞ്ചം നേരല്ല എന്ന് പറഞ്ഞാൽ സത്യമല്ലാർത്ഥം അപ്പോൾ അസത്യമോ മിഥ്യയോ തുച്ഛമോ ശൂന്യമോ ഇതിലേതാണ് തുച്ഛമാണെന്നാണോ അതുമല്ല മിഥ്യയാണെന്നാണോ അതുമല്ല അസത്യമാണെന്നാണോ ശൂന്യമാണെന്നാണോ അതിന് സന്ന് രണ്ട് ഭാവങ്ങളെ ചേർത്തിട്ട് ഒന്ന് സത്യമായ രീതി അസത്യമായ രീതി സിൽ നിന്ന് വ്യത്യസ്തമായ രീതി ഇതിലേതാണ് സദാണോ അതോ സദസദ്വിലനിർവചനീയതയാണോ അനിർവചനീയവിലണോ ഇതിനെല്ലാമുള്ള ഉത്തരം നൽകാൻ പാകത്തിനുള്ളൊരു ഉദാഹരണമാണ് പറയുന്നത് സ്വപ്നത്തിലെ വിഷയങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നവയാണ് കഴിഞ്ഞ ശ്ലോകത്തിലത് പറഞ്ഞു അ തോന്നുന്നതാണ് മരുഭൂമിയിലെ പ്രവാഹവും ോന്നതാ സത്യമല്ല പോകുന്നു സത്യത്തിന്റെ നിർവചനം കാലത്രയേമി തിഷ്ടുകാലും വേണം ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുദ്ധിയിലും മൂന്ന് കാലത്തിലുമുള്ളതിനെയാണ് സത്യം എന്ന് പറയുന്നത് സത്യം ഏതെങ്കിലും ഒരു കാലത്തില്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും ദൃശ്യത്വം തന്നെ അതുകൊണ്ട് മിഥ്യയാണ് പറഞ്ഞത് മനസ്സിലായെന്നറിയില്ല ഞാൻ കാണുന്നു എന്നത് തന്നെ മുമ്പില്ലാത്തതുകൊണ്ട് പറയുന്ന ശബ്ദമാണ് ഞാൻ കണ്ടു എന്നൊരു കാര്യം പറഞ്ഞാൽ അതിനു കണ്ടില്ല എന്നാണ് അതിനർത്ഥം ഇപ്പോൾ കാണിക്കാൻ പറ്റില്ലെന്നുമാണ് അതിനർത്ഥം ഈ ലോകത്തിലെ എല്ലാ വക്കാണങ്ങളും വഴക്കുകളും മുമ്പില്ലാത്തതും ഇനി ഇല്ലാതാകുന്നതും ആയവയെ പിടിച്ചു മാത്രമാണ് മനസ്സിലാവൂ ഒരു ചെറിയ ശങ്ക അവിടെ ഞാൻ അങ്ങനെ കണ്ടു വരൂ നോക്കൊന്നു പോയി നോക്കാം അതെങ്കിലും ഇപ്പൊ കാണുന്ന അന്നേരം ഉണ്ടായിരുന്നല്ലേ അത് പോയില്ലേ മാറിപ്പോകുന്നത് സത്യമല്ല അവയെ ആസ്പദമാക്കിയാണ് നിങ്ങളുടെ പ്രപഞ്ച വ്യവഹാര വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ നന്നാവൂ ചെയ്യുന്ന ഒരബദ്ധത്തിന് സ്വന്തം അറിവല്ലാതെ മറ്റൊന്നിനെ കൊണ്ട് രക്ഷിക്കാനാവില്ല നിങ്ങളുടെ എല്ലാ റെഗുലേഷൻസും റൂൾസും ശിക്ഷാനിയമങ്ങളും പരിമിതമാകുന്നതിവിടെയാണ് ഒരു വാസനയിൽ ചെയ്ത തെറ്റ് ആ വാസന പോയ ജീവന് മറ്റൊരു സദ്വാസന നിൽക്കുമ്പോൾ ശിക്ഷയായി നൽകേണ്ടി വരുമ്പോൾ ഭൗതിക ശിക്ഷാരീതികളെല്ലാം വികലമാവും പരിഷ്കൃതനും സംസ്കാരമുള്ളവനും ശിക്ഷാരീതികളെ മാറ്റിമറിച്ച് ജയിലുകളും പോലീസുമൊക്കെ മാറ്റി റിഫർമേഷൻ സെന്ററുകൾ ഉണ്ടാക്കേണ്ടതാണ് ഇല്ലെങ്കിൽ മനുഷ്യൻ പുരോഗമിച്ചിട്ടില്ലെന്നാണ് എന്റെ അർത്ഥം പ്രാചീനകാലത്തെ മാനവവാസനയ്ക്കുള്ള റെഫർമേറ്ററികളായിരുന്നു ഇന്ത്യൻ ഗുരുകുലങ്ങൾ മനസിലാവോ പറഞ്ഞാ തലയിൽ കയറോ ഇരിപ്പ് കണ്ടിട്ട് ഉച്ച ഊണ് കട്ടിയായി പോയിരുന്നു ഏ മനസിലാവോ ഒരു വാസന പ്രബലമായി വന്ന് കാവൽമാലാഖ മാറി അന്ധകാരം വ്യാപിച്ച് അജ്ഞാനം തിമിരമായി തീർന്ന് അധ്യാസം കൂടി ചെയ്യുന്ന ഒരു തെറ്റ് മാസങ്ങളുടെയും വർഷങ്ങളുടെയും വിചാരണ ആ വാസനകളൊന്നും മറ്റൊരു വാസന പ്രബലമായി നിൽക്കുമ്പോൾ ശിക്ഷിക്കുമ്പോൾ സമഷ്ടിയിലേക്ക് ശിക്ഷാനിയമങ്ങൾ എത്തുന്നത് വൈകല്യമുള്ള തരംഗാവലികളായ അതിലേറ്റവും വിചിത്രമായത് പുനർജന്മവും ആത്മാവും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുകൂടിയാണിതെന്ന് വരുമ്പോൾ തെറ്റിനെ തെറ്റ് ചെയ്യുന്നിടത്ത് വച്ച് വിചാരണ ചെയ്യുവാനോ ശിക്ഷിക്കുവാനോ പറ്റാത്തിടത്തോളം നിങ്ങളുടെ ഭൗതിക നീതിന്യായങ്ങൾ അപ്പാടെ അബദ്ധ പഞ്ചാംഗങ്ങളാണ് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കോശങ്ങൾ പരിണമിച്ചു മാറുമെങ്കിൽ ഒരു വിചാരണ പന്ത്രണ്ട് കൊല്ലം എടുത്തിട്ട് ശിക്ഷിക്കുമ്പോൾ ഭൗതികതയാണോ നിങ്ങളുടെ ശിക്ഷാനിയമം വിവരമില്ലാത്തവർ പടച്ചുകൂട്ടിയതും വിവരമില്ലായ്മയെ വിളംബരം ചെയ്യുന്നതും തൊഴിലായി അധപ്പതിച്ചതും അഴിമതി കൊണ്ട് അലങ്കൃതമായതുമായ ഒരു പരിഷ്കാരത്തിന്റെ പ്രഭാപൂരം മാത്രമാണ് അവവരമുള്ളവർ അതിനെ ചോദ്യം ചെയ്യേണ്ട സമയം ഒട്ടുവളരെ അതിക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ലപോലെ ആലോചിച്ച് നോക്കുക ദൃശ്യമിഥ്യാത്വം ബോധ്യമാവാൻ മനസ്സിലായോന്നറിയില്ല ദൃശ്യം എന്നത് തന്നെ ആ ശബ്ദം തന്നെ ഞാൻ കാണുന്നു എന്നു പറയുന്നത് തന്നെ ഞാൻ മുമ്പ് കണ്ടില്ലെന്നും ഞാൻ ഇനിയും കാണില്ലെന്നും ഇപ്പോൾ മാത്രം കണ്ടുവെന്നും പറയുന്ന ആ പ്രക്രിയയിൽ തന്നെ കാഴ്ചയുടെ സത്യത നിഷേധിക്കുന്നതുകൊണ്ടാണ് കാണുന്നുവെന്ന് പറയുന്നത് അത്രയും ലോകിക്ക് മനസ്സിലാവുമെന്നറിയില്ല അത്രയും മനസ്സിലാവുമെങ്കിൽ ഇവിടെ ഇപ്പൊ തന്നെ കാര്യം മനസ്സിലാക്കി ഏറ്റുവാ ഇപ്പം നാളത്തെ പോല ബുദ്ധി അത്രയും സൂക്ഷ്മ പഠിക്കുന്നത് സൂക്ഷ്മയാ സൂക്ഷ്മ ബുദ്ധി ഭീതി പരന്ന ബുദ്ധി പറ്റില്ല നല്ല മൂച്ച അപ്പോ കാണുന്നു എന്നത് തന്നെ ദൃശ്യം സത്യമല്ല എന്നുള്ളതിന് മിഥ്യയാണെന്നുള്ളതിന് തെളിവാണ് ദ്രിക്കിനെ വേർവിരിച്ചു നോക്കിയാൽ അടുത്ത പ്രക്രിയയാണ് ദൃക്കിനെ വേർവിരിച്ചു നോക്കിയാലും ദൃശ്യം വിദ്യയാണ് കാനൽ ജലം പോലെ എന്ന് പറഞ്ഞാൽ വൃത്തിയോടുകൂടിയ ചൈതന്യമാണ് ദൃഷ്ടി അവിടെ ചൈതന്യത്തിന് ഒരുപാട് ഭാവങ്ങളുണ്ട് സൂക്ഷ്മ സൂക്ഷ്മമായി പഠിച്ചാൽ കാണുന്ന ഉപകരണമായ കണ്ണിന് ചൈതന്യമാണ് കണ്ണിന് ചൈതന്യമുണ്ടായാൽ പോരാ കാണുന്ന വസ്തുവിലെ ചൈതന്യവുമായി സമ്മേളിക്കണം അത് കാണിക്കുവാൻ പര്യാപ്തമായ പ്രമാണ ചൈതന്യം ഉണ്ടാകണം പ്രമാണചൈതന്യവും പ്രമാതൃചൈതന്യവും പ്രമേയ ചൈതന്യവും സമ്മേളിക്കുമ്പോഴേ കാഴ്ചയുണ്ടാവും ഇതിലേതെങ്കിലും ഒരു ചൈതന്യത്തിന്റെ അഭാവം ഉണ്ടായാൽ കാഴ്ചയുണ്ടാവില്ല ഇവയുടെ സമ്മേളനം ഒരു നിമിഷം ഉണ്ടായി മറഞ്ഞാലും കാഴ്ച നിലനിന്നില്ല പ്രമാണ പ്രമാതൃപ്രമേയ ചൈതന്യങ്ങൾ സമ്മേളിക്കുന്ന വേളയിൽ അതറിവായി തീരാൻ പറ്റിയ വാസന ജീവചൈതന്യത്തിൽ നിന്ന് ഹിതമായിരിക്കണം അതാണ് വിഷയങ്ങളുടെ ഓർമ്മ അതില്ലെങ്കിൽ വിഷയങ്ങളില്ല ഈ കളിയാണ് അതിന്റെ പ്രക്രിയ അപ്പൊ ദൃഷ്ടി എന്നത് വൃത്തിയോടുകൂടിയ ചൈതന്യമാണ് അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഇന്ദ്രിയ ജനിതാ അനുഭവ വാസന ഉത്ബുദ്ധതയും അനുദ്ബുദ്ധതയും അനുഭവവും പറഞ്ഞത് അതാണ് ശബ്ദവും സ്പർശവും രൂപവും രസവും ഒക്കെയാകുന്നത് ഉത്ബുദ്ധവാസനകളും അനുദ്ബുദ്ധവാസനകളും സൂക്ഷ്മശരീര താതാത്മ്യവും സ്ഥൂല ശരീര ഉണ്ടാക്കുന്ന രീതി അതുതന്നെയാണ് വിഷയാകാരവൃത്തി അതാണ് വിഷയാകാരവൃത്തിയിൽ ആഭാസിച്ചിരിക്കുന്ന ചൈതന്യം അതുതന്നെ സൃഷ്ടി സ്വപ്നത്തിൽ വൃത്തിയോടുകൂടിയ ജ്ഞാനം ആത്മാവ് തന്നെ സൃഷ്ടിക്കുന്നതാണ് ആ ആത്മാവ് തന്നെയാണ് സൃഷ്ടിരൂപത്തിൽ കൽപ്പിതമായി കാണപ്പെടുന്നത് ജനകനും യാജ്ഞവൽക്കനം തമ്മിലുള്ള ബൃഹദാരണ്യകത്തിലെ സംവാദമുദാഹരണം വളരെ ഗംഭീരമായി അവിടെ പറയും ബാക്കിയുള്ളതെല്ലാം കൽപ്പന മാത്രം വാചാരംഭണമായ കുടം ആ കുടത്തിൽ നിന്നും മണ്ണുമാറ്റിയ കുടനാമം വാചാരംഭണ കുടമില്ല പിന്നെ നാമമില്ല മണ്ണ് മാത്രം കങ്കണത്തിൽ നിന്ന് സ്വർണ്ണമെടുത്തു മാറ്റുമ്പോൾ കങ്കണമില്ല സ്വർണം മാത്രം അപ്പൊ വാചാരംഭണ മാത്രമാണ് കങ്കണം വാചാരംഭണ മാത്രമാണ് കുടം ഇനി ഒന്നാം ശ്ലോകത്തിൽ ആദ്യം പറഞ്ഞ അനേക നാമം എന്ന് പറഞ്ഞത് വാചാരം ഭണമാണ് മൃത്തിക ഇതിയേവ സത്യം മണ്ണെന്നതാ സത്യം മണ്ണിന് മാറ്റമില്ല പൊട്ടിപ്പോയാലും മണ്ണ് അത്രയും തന്നെയുണ്ട്